ദ്രവ്യാസ്തോ യാ യോഗയജാസ് തധ്യയജ്ഞാനയശ്ചിതവ്ര കൊറേ യജ്ഞങ്ങൾ പറയാണ് ദ്രവ്യാ തീർത്ഥേഷു ദ്രവ്യ വിനിയോഗം യജ്ഞബുദ്ധ്യാ കുറുവന്തി ഏ തേ ദ്രവ്യയജ്ഞാ പഴയകാലം മുതലുള്ള ഒരു സമ്പ്രദായമാണ് അത്ര ഏതെങ്കിലും തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോ കയ്യിൽ കുറെ പണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദ്രവ്യ വിനിയോഗം കുറവന്തി ആളുകള് ചോദിക്കുമ്പോ അവർക്ക് ദാനമായിട്ട് കൊടുക്കുക എങ്ങനെ കൊടുക്കുന്നു യജ്ഞബുദ്ധ്യാ കുറുവന്തി അല്ലാതെ എന്തെങ്കിലും പുണ്യം കിട്ടണം എന്നുള്ള ആഗ്രഹം പോലും അതിലില്ല പുണ്യത്തിന് വേണ്ടിയല്ല ലോകമംഗളം ഉണ്ടാവട്ടെ എന്നും ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നുള്ള ഭാവത്തോടുകൂടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ടെന്നുള്ള ഭാവത്തോടുകൂടെ ദ്രവ്യത്തിനെ കുറെ ത്യാഗം ചെയ്യുന്നതൊരു യജ്ഞമാണ് ആവശ്യത്തിലധികം ദ്രവ്യം ആര് ശേഖരിച്ചു വയ്ക്കുന്നു അവൻ കള്ളനാണ് അവനെ ഒലയ്ക്ക കൊണ്ട് തല്ലണം എന്ന് ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട് വരയ്ക്കാൻ ഞാൻ ചേർക്ക ദർഹതി ദണ്ഡം വലക്കാണല്ലോ സസ്തേനോ ദർഹതി അവൻ സ്തേനാണ് കള്ളനാണ് വയർ എന്നറിയാൻ എത്ര വേണോ അത്രേ തന്റെ സ്വന്തമുള്ളൂ അധികം യോ അഭിമന്യേത പ്രാരബ്ദം കൊണ്ട് അതിലധികം ഉണ്ടെങ്കിൽ അതിനെ ലോകമംഗളത്തിനായി എങ്ങനെങ്കിലും വിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുക വരും കയ്യിൽ അത് വരികയാണെങ്കിൽ അത് ലോകമംഗളത്തിനായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ അതിലധികം ആര് തൻ്റെയെന്ന് അഭിമാനിക്കുന്നു അവൻ കള്ളനാണോ സസ്തേനഹ അവൻ ദണ്ഡമർഹതി അവൻ ദണ്ഡിക്കപ്പെടേണ്ടവനാണെന്ന് ആവശ്യം ദണ്ഡിക്കാന്ന് വെച്ചാൽ ഭഗവാൻ ദണ്ഡിക്കും അത്രയേ ഉള്ളൂ എക്സ്ട്രാ ഉള്ളതൊക്കെ വെയിറ്റാണേ നമുക്കത് ഏതെങ്കിലും ഇതിൽ ചെലവാകേണ്ടി വരും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ രോഗമായിട്ടും പലവിധ ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ വരും കയ്യിലുള്ളത് കെട്ടി അങ്ങനെ തുറന്നു വിട്ടാൽ തുറന്നു വിടുക എവിടെങ്കിലും പേരും മറ്റുമൊക്കെ നോക്കിയിട്ടൊന്നുമല്ല എവിടെയാ പോയി കൊടുത്താൽ എനിക്ക് ഇൻകം ടാക്സ് റിലീഫ് കിട്ടും എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് യജ്ഞമൊന്നും ആവില്ല അത് വേറെ ഒരു വിധത്തിലുള്ള വ്യാപാരം അത്രേ ഉള്ളൂ ഏറ്റവും നല്ലത് ആവശ്യത്തിലധികം ഉണ്ടാക്കാതിരിക്കലാണ് ആവശ്യത്തിൽ അതിൽ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാലും ചിലർക്ക് പ്രാരംഭം കൊണ്ട് വരും അതിനെന്ത് ചെയ്യണം അതിനെ നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിൽ എതിർച്ചയാ നമ്മൾ കാണുമ്പോ ഒരുപാട് ചാടിക്കയറൊന്നും വേണ്ട എതിർച്ചയാ കാണുമ്പോ വിഷമിക്കുന്നവരെ കാണുമ്പോൾ ആവശ്യമുള്ളവരെ കാണുമ്പോൾ പാത്രം അറിഞ്ഞും വേണം കൊടുക്കാൻ അല്ലാതെ നമ്മൾ കൊടുത്തിട്ട് അയാൾ നേരെ വേറെ വല്ല സ്ഥലത്തും പോയി കയറാൻ പാടില്ല അതുകൊണ്ട് പാത്രം അറിഞ്ഞ് അതിന് വഴി കണ്ടെത്തി ആ ദ്രവ്യത്തിനെ വിനിയോഗം ചെയ്യുന്നതും ഒരു യജ്ഞമാണ് രാജാക്കന്മാരൊക്കെ പണ്ട് ദ്രവ്യയജ്ഞം ചെയ്തിരുന്നു അവരുടെ ദ്രവ്യയജ്ഞമാണ് അശ്വമേധയാഗം മുതലായിട്ടുള്ളതൊക്കെ രാജസൂയം അശ്വമേധമൊക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യാധിപതിയായ ശേഷം യാഗം നടത്തി സർവവും കൊടുത്ത് സൗമംഗല്യാവശേഷിത എന്നാണ് ഭാഗവതം പറയണത് സീതാദേവി കേവലം സൗമംഗല്യം ആ താലി കഴുത്തിലുള്ള താലി മാത്രം ഭാഗ്യായത്ര ബാക്കിയൊക്കെ കൊടുത്തു രാമായണത്തിൽ ഭഗവാൻ കാട്ടിലേക്ക് പോണതിന് മുമ്പ് ആളുകൾക്കൊക്കെ ദാനം കൊടുത്തു തന്റെ കയ്യിലുള്ളതൊക്കെ കുറെ കൊടുത്തു അപ്പോഴാണ് തമാശ ആയിട്ട് ഒരു ത്രിചട ബ്രാഹ്മണൻ വരുന്നത് അയാൾ പാവം വേഷന്ന് വയറ് ഒട്ടിപ്പിടിച്ചിട്ടാണ് വരുന്നത് ഇവിടെ ദാനം കിട്ടുന്നു പറഞ്ഞു എത്രയോ ദൂരത്ത് നടന്നു വരികയാണ് ഇന്നത്തെ കാലത്തൊന്നും ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കുട്ടിക്കാലത്ത് കൂടെ ഓർമ്മയുണ്ട് ഊണ് കിട്ടുന്നു പറഞ്ഞാൽ കിലോമീറ്റർ നടക്കും അപ്പൊ പിന്നെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും അങ്ങനത്തെ ഒക്കെ എന്റെ കൂട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോ അതൊക്കെ മാറി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടെ ആ സ്വഭാവമൊക്കെ പോയി കുറെ ആളുകളുടെ ഊണ് കിട്ടുന്നുവെച്ചാൽ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ നടന്നു പോകും ഈ തിരുചട ബ്രാഹ്മണൻ ദാനം കൊടുക്കുന്നു രാമൻ എന്ന് പറഞ്ഞ എത്രയോ ദൂരത്തുനിന്ന് നടന്ന് പോ വരിക രാമൻ പറഞ്ഞു നിങ്ങളേ നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഈ ഒട്ടിയ വയറും ദാനം വാങ്ങിക്കാനുള്ള ആഗ്രഹമൊക്കെ കൂടെ കണ്ടപ്പോ നല്ല തപസ്വിയാണ് രാമന് ഒരു തമാശ തോന്നി ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കയ്യിലൊരു ദണ്ട് ആ ദണ്ട് എറിഞ്ഞിട്ട് എത്ര ദൂരം പോകണോ അത്രയും ഭൂമി തരാന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് നടക്കാനേ ജീവനില്ല എന്നാണ് വിചാരിച്ചത് മനുഷ്യന് കിട്ടുമെങ്കിൽ എന്തും ചെയ്യും ഇദ്ദേഹം തോളിലിരിക്കുന്ന മുണ്ട ഉത്തരിയെ എടുത്ത് ഇടുപ്പിൽ വലിഞ്ഞൊരു കെട്ട് കെട്ടി കെട്ടിയിട്ട് ദണ്ടൊരേറു കൊടുത്തു സരയൂ നദി കിടന്ന് അപ്പുറത്ത് പോയി വീണു അത്രയും ദൂരത്തേക്ക് പശു വരിവരിയായി നിർത്തി തരാന്നാ പറഞ്ഞത് എറിഞ്ഞ് ഏറ് സരയൂ നദി കിടന്ന് അപ്പുറത്ത് പോയി വീണു അത്രയും കൊടുത്തു ദാനം അത് ദ്രവ്യയജ്ഞമാണ് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജപം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പൂജ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിയുന്നതും ആരെങ്കിലും തീർച്ചയായും വരുമ്പോ വേഷന്നോട് ഒരു ഭിക്ഷക്കാരുടെ മുമ്പിൽ വരുമ്പോ പണം കൊടുത്തിട്ടില്ലെങ്കിൽ ഭക്ഷണമെങ്കിലും കൊടുക്ക ഭക്ഷണം കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം അവിടെ ഇരുന്ന് ഊണ് എഴുപിച്ചിട്ട് പറഞ്ഞേക്ക അതിൽ കാപ്പട്ടി വരാനില്ല ഭക്ഷണം കൊടുക്കുക പിന്നെ ചിലതൊക്കെ കൊടുക്കുമ്പോ അയാൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഒന്നും ഒരു ലിമിറ്റിന് വരെ നോക്കേണ്ട ആവശ്യമില്ല കൊടുക്കുക നിങ്ങളുടെ കൈന്ന് പോട്ടെ ചിലതൊക്കെ അങ്ങനെ പോകണം ഇതിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചിലതൊക്കെ അങ്ങനെ തുറന്നു വിട്ടാൽ നദി തുറന്നു പോലെ ദ്രവ്യത്തിനെ കുറെയൊക്കെ ഇങ്ങോട്ട് തുറന്നു ദ്രവ്യം ആവശ്യത്തിൽ അധികം അധികം കെട്ടിക്കിടക്കുന്നതിന്റെ ദൂഷ്യമാണ് ഒരുപാട് ഇപ്പത്തെ കുഴപ്പത്തിന് കാരണം ഏതെങ്കിലും വിധത്തിൽ അത് എത്രയോ ആവശ്യമുള്ളവരുണ്ട് അത് അറിഞ്ഞു വേണം കൊടുക്കാൻ അല്ലാതെ നമ്മൾ ഈ ഓർഗനൈസേഷൻസ് സംഘടനകൾക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല സംഘടനകൾ അവിടെയൊക്കെ കൊടുത്താൽ അവിടെ അതിനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട് അവർക്ക് അറിയാം അതെങ്ങനെ സംഘടനകൾക്കും കൊടുക്കാം ചില സംഘടനകൾ ഒന്നും വഴിയില്ലാതെ നിൽക്കണുണ്ട് നല്ല പരമ്പരയിൽ വന്ന ചില സംഘടനകൾ തന്നെ വഴിയില്ല അതൊക്കെ അറിഞ്ഞുകൊടുക്കാം അതൊക്കെ അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് ഗൃഹസ്ഥന്റെ ഒരു ധർമ്മമാണ് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളിൽ പെട്ടതാണിതൊക്കെ ദ്രവ്യയജ്ഞക്കെ ഇഷ്ടാപൂർത്തം എന്ന് വെച്ചാ ഈ പല സോഷ്യൽ സർവീസ് സമൂഹത്തിൽ ഇരിക്കുന്ന ആളുകൾ സമൂഹത്തിലേക്ക് കൊടുക്കണം കയ്യിലൊന്നുമില്ലാത്തവൻ ഒന്നും കൊടുക്കാൻ ബാധ്യസ്ഥനല്ല അയാൾ കൊടുക്കണം എന്നൊന്നും ആരും നിർബന്ധിക്കാനും പറ്റില്ല കയ്യിലൊന്നുമില്ലെങ്കിൽ അവൻ സന്യാസിയാണെങ്കിൽ സർവസംഗപരിധി ആകുകയാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കൈ നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം ഒന്നും ചെയ്യാനില്ലെങ്കിൽ സ്നേഹം കൊടുക്കാം ബഹുമാനം കൊടുക്കാം അതൊക്കെ തന്നെ ഒരു യജ്ഞമാണ് സ്നേഹം കൊടുക്കാം ബഹുമാനം കൊടുക്കാം ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കാം പക്ഷെ ഇതിനെയൊക്കെ പോയി ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ദ്രവ്യയജ്ഞ ആ സൊസൈറ്റി തുടങ്ങി പോകരുത് അതാണ് ഇന്ന് ആധുനിക കാലത്തിന്റെ ഒരു കുഴപ്പം ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതൊരു സൊസൈറ്റി ആവും പേരിൽ കമ്മിറ്റിയാവും അതിന്റെ പേരിൽ പ്രസിഡന്റ് സെക്രട്ടറി ആവും അതിന്റെ പേരിൽ ചണ്ട കൂടും അത് ഓരോ വ്യക്തിയും വ്യക്തിയായിട്ട് ചെയ്യേണ്ടതാണ് ഓരോ വ്യക്തിയും സ്വതന്ത്രമായി ഈ കാര്യം അറിഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന ആള് പോലും അറിയാതെ ഒരു തപസ്സായിട്ട് ഭഗവതാരാധനയായിട്ട് അത് ചെയ്താൽ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിലൊരു വ്യത്യാസം കാണാം മമത വെട്ടിപ്പോകുന്നത് കാണാം ചെറിയ ചെറിയ ഭഗവാൻ പറയുന്നത് ഏതാണോ ഏറ്റവും ആസക്തി അതിന് കൊടുക്കും എന്നാണ് അതൊരു തപസ്സാണ് യദ്യത് ഇഷ്ടതമം ലോകേ യക്ഷാദി പ്രിയമാത്മനഹ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം അത് ഒരു പെൻസിൽ ഒരു പെണ്ണ് വാങ്ങിച്ചു കൊടുത്തിട്ട് പെന്ന് കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെടുമ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഈ പെന്ന് നിനക്ക് വളരെ ഇഷ്ടമുണ്ട് അത് നിൻ്റെ ഉള്ളിലുള്ള ഒരു വിചാരമാണ് ഇഷ്ടം ഇതിനെ നിനക്ക് അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ആവശ്യം വരുമ്പോൾ താൻ കൊടുത്തിട്ട് മറന്നിട്ട് വരാമെങ്കിൽ നിനക്കതൊരു ചെറിയ ഡിസിപ്ലിനാണ് ത്രൂ ദാറ്റ് യുവർ ഇന്നർ പേഴ്സണാലിറ്റി വിൽ ഗെയിൻ പവർ ഇങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുക നമ്മൾ എപ്പോഴും എന്തു ചെയ്യും ഇഷ്ടപ്പെട്ട സാധനം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കും ഭഗവാൻ ഭാഗവതത്തിൽ പറയണത് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുത്താൽ അനന്ത്യായ കൽപ്പതയെ ഉള്ളിൽ അനന്തൻ തെളിയും എന്നാണ് വെച്ചാൽ ദർ വിൽ ബി ഗ്രേറ്റ് സ്പേസ് ഇൻ യു ഉള്ളിൽ ഇൻഫിനിറ്റി വിൽ ബ്ലോസം ഇൻ യു ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുക എന്ന് ഇഷ്ടതമം ലോകെ അതിപ്രിയമാത്മനഹ ഏത് വളരെ ഇഷ്ടമോ ഏത് ഏറ്റവും പ്രിയപ്പെട്ടതോ അതൊക്കെ കൊടുക്കുക തത്തൻ നിവേദയേന് മഹ്യം അതെനിക്ക് ആയിക്കൊണ്ട് നിവേദനം ചെയ്യാമെങ്കിൽ തത് അനന്ത്യായ കൽപത അനന്തമായ ഫലത്തിന് അത് തരും പക്ഷെ അനന്തമായി ഫലം കിട്ടുമെന്ന് വെച്ച് കൊടുക്കാനല്ല അതൊരു തപസ്സായിട്ട് ചെയ്യുക അതിന് രന്തിദേവന്റെ കഥ തന്നെ ഭാഗവതത്തിൽ ഉദാഹരണം വിശന്ന് ടൂണ് കഴിക്കാനിരിക്കുമ്പോൾ മുമ്പിൽ ആളുകളൊന്നും കൊടുത്തു വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ വെള്ളം ചോദിച്ചു കൊടുത്തു എല്ലാം കൊടുത്തു താൻ മരണത്തിന് റെഡിയായിരിക്കുമ്പോൾ മായ തിരശീല തുറക്കുന്ന പോലെ താൻ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നും മായ വഴിവിട്ടു കൊടുത്തു എന്നാണ് ദ്രവ്യയജ്ഞം തന്നെ വലിയ യജ്ഞമാണ് ചെയ്യാവുമെങ്കിൽ അതും വലിയ യജ്ഞമാണ് എന്തിനേയും കൊടുക്കാനുള്ള ഒരു ഹൃദയം ദ്രവ്യയജ്ഞ തപോയജ്ഞ തപസ് ചെയ്യുന്നതും ഒരു യജ്ഞമായി തീരും ഇന്നലെ രാമകൃഷ്ണാശ്രമത്തിലെ പ്രഭാഷണത്തില് പറഞ്ഞ പോലെ തപസ് ചെയ്യാമെങ്കിൽ അതൊരു യജ്ഞമാണ് ഒരു നിഷ്ഠയോടുകൂടെ ഒരു ജപം അല്ലെങ്കിൽ ഒരു പ്രാണായാമം അല്ലെങ്കിൽ ജ്ഞാന വിചാരം എന്തെങ്കിലും നിഷ്ഠയോടുകൂടെ ഒരു കാരണവശാലും മുടക്കാതെ ചെയ്താൽ ആ തപസ് ഇന്ദ്രിയങ്ങളെയും നാടിയും ശുദ്ധമാക്കും ദ്രവ്യയജ്ഞ തപോയജ്ഞാഹ യോഗയജ്ഞാഹ യോഗമും ഒരു യജ്ഞമായിട്ട് തീരും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന എട്ട് അംഗങ്ങളോടുകൂടെ യോഗാനുഷ്ഠാനം ചെയ്യുന്നതും ഒരു യജ്ഞമാണ് സ്വാധ്യായ ജ്ഞാനയജ്ഞാസ്റ്റ് ചിലർ ഭാഗവതം വായിക്കുക എന്നുള്ളത് ഒരു യജ്ഞമായിട്ട് തീരും നമ്മൾ സപ്താഹരജ്ഞമാണ് ശരിക്കും പഴയ സപ്താഹം എന്ന് വെച്ചാൽ അയാൾ തന്നെ സമ്പൂർണ്ണമായി വായിക്കലാണ് ഒരാൾ തന്നെ ഏഴു ദിവസം ഇരുന്ന് വായിക്കുക അതൊരു യജ്ഞമാണ് സ്വാധ്യായ യജ്ഞമാണ് സ്വാധ്യായ യജ്ഞം ജ്ഞാനയജ്ഞം ജ്ഞാനയജ്ഞത്തിന് ഋഗ്വേദം മുതലായിട്ടുള്ള വേദങ്ങളെയൊക്കെ അധ്യയനം ചെയ്യുകയും ഉപനിഷത്ത് പാരായണം ചെയ്യുകയും ഇതൊക്കെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ശാസ്ത്രാർത്ഥ പരിജ്ഞാനം യജ്ഞ യേഷാം അങ്ങനെ പല ഈ വിധത്തിലുള്ള ഇന്നർ ഡിസിപ്ലിൻസ് കൊണ്ടൊക്കെ തന്നെ യഥനശീലാഹ സംശിത വ്രതാഹ സമ്യക്താനി തനൂകൃതാനി തീക്ഷണീകൃതാനി വ്രതാനി ഓരോരുത്തരുടെ വ്രതം എന്ന് വെച്ചാൽ കൺട്രോൾ ഡിസിപ്ലിൻ പതുക്കെ പതുക്കെ പതുക്കെ മൂർച്ഛിച് മൂർച്ഛിപ്പിച്ചു കൊണ്ടേ വരുകയാണ് ഷാർപ്പണിങ് ആണ് ഇത് ഒരു കലയാണത് നമ്മളെ തന്നെ നമ്മൾ പതുക്കെ പുറം ലോകത്തിൽ അവരെയും ഇവരെയും നിയന്ത്രിക്കണതൊക്കെ വിട്ടിട്ട് നമ്മളെ പതുക്കെ നമ്മള് നിയന്ത്രിച്ചു തുടങ്ങുന്നു നമ്മളിലുള്ള കുഴപ്പങ്ങളെയൊക്കെ കാണുന്നു ഓരോന്നോരോന്നായി എടുത്തു മാറ്റുന്നു പിശുക്കുണ്ടെങ്കിൽ വസ്തുവിനെ ത്യജിക്കുന്നത് കൊണ്ട് പിശുക്കുള്ളിലുണ്ട് ഉള്ളിൽ മൈസർലിനസ് ഇസ് ദർ ഉള്ളില് കൊടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അതിനെ വെറും ഒരു വിചാരമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നു ഈ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അജ്ഞാനം കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോ ചിലർക്ക് കുടുംബ പരമ്പര ആയിരിക്കും കുട്ടിക്കാലത്ത് മുതൽ പറഞ്ഞിട്ടുണ്ടാവും പത്ത് പൈസ കൊടുത്താ മതി അവന് പണിയെടുത്തൂടെ വിക്ഷക്കാർക്കൊന്നും കൊടുത്തിട്ട് അവരെ കേടുവരുത്തരുത് സൂക്ഷിച്ചു വെക്കണം ഇങ്ങനെ ചെലവാക്കിയാൽ നാളെ നമ്മളെ ആരും നോക്കും ഇങ്ങനെയൊക്കെ കുറെ നമ്മളെ അൺകോൺഷ്യസ് കളക്ടീവ് ഹിപ്പിനോട്ടിസം ആണ് ഈ സമൂഹത്തിലെ മ്യൂച്വൽ ഹിബ്നോട്ടിസമാണ് പലരും പറഞ്ഞു പറഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് ഒരു അജ്ഞാനം കൊണ്ട് ഉണ്ടായതാണ് ഈ പിശുക്കെന്ന് പറയുന്നത് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ ചിന്തിച്ചത് കൊണ്ട് പിശുക്ക് പോകില്ല അത് ഉള്ളിലിങ്ങനെ ഉണ്ടാവും അതൊരു ചിത്തവൃത്തിയായിട്ടുണ്ടാവും എന്നിട്ടും നിങ്ങൾ കൊടുക്കണം ബുദ്ധി കൊണ്ട് തീരുമാനിച്ചു കൊടുക്കണമെന്ന് മനസ്സ് തീരുമാനിച്ചിട്ടില്ല മനസ്സ് കൂട്ടു നിൽക്കണില്ല മനസ്സിലെ പിശുക്കൊണ്ടാവട്ടെ മനസ്സ് കൊടുക്കണ്ടാമെന്നും ആയിരം ന്യായീകരണങ്ങൾ പറയട്ടെ മനസ്സ് കുറച്ചു കഴിഞ്ഞ് ചിലപ്പോൾ കൊടുത്തിട്ട് അത് പോയിയല്ലോ എന്ന് വേദനിക്കട്ടെ അത് ഒരു കേടുവന്നു പോയൊരു എന്താ ചീത്ത വഴിക്ക് പോയൊരു കുട്ടിയെ പോലെ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ വിപരീതങ്ങളും കാണിച്ചാലും ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ദ്രവ്യത്തിനെ ത്യാഗം ചെയ്യണം ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് ദ്രവ്യത്യാഗ സങ്കല്പത്തിനെ ചെയ്യുമ്പോൾ ദ്രവ്യയജ്ഞമായി തപസ്സും അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ജപം ചെയ്യണം പ്രാണായാമം ചെയ്യണം മനസ്സ് കൂട്ടുനിന്നിട്ടില്ലെങ്കിലും ചെയ്താൽ തപോയജ്ഞമായി സ്വാധ്യായം ബുദ്ധിയാണ് തീരുമാനിക്കുന്നത് ഇന്ന് വായിക്കണ്ട എന്നൊക്കെ പലരും പലതും പറയും അതൊക്കെ വായിക്കണം ഇങ്ങനെയൊക്കെ യജ്ഞങ്ങൾ കൊണ്ട് സംശിത വ്രതന്മാരായിട്ട് തരും എന്താ വ്രതം സംശിതമാവെന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഈ പിശുക്ക് കാണിച്ച മനസ്സ് കൂട്ടുനിന്ന് തുടങ്ങാൻ വഴങ്ങി തരാത്ത മനസ്സ് ജപത്തിനും തപസ്സിനും കൂട്ടുനിന്ന് തുടങ്ങുന്നു മനസ്സിന് പൂർവ അജ്ഞാനം കൊണ്ട് പ്രവർത്തിച്ച് ചീത്ത സ്വഭാവങ്ങൾ പഠിച്ചു വെച്ച മനസ്സ് ഇപ്പോ അഭ്യാസം ചെയ്യുന്ന ഈ കർമ്മങ്ങളെ സ്വാംശീകരിച്ച് അത് സ്വാഭാവികമാക്കി തീർക്കുന്നതാണ് സംശിത വ്രതം അപ്പൊ തപസ് പൂർത്തിയായി നടത്തും എപ്പോ നമ്മള് വിഷമിച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് സ്വഭാവമായി തീരുന്നു അപ്പൊ തപസ് പൂർത്തിയായി ഈ തപസ് ഈ ഇതൊക്കെ അടുത്ത പരമ്പരയ്ക്ക് സമ്പത്തായിട്ട് തരും അതുകൊണ്ടാണ് തപസ് പരമ്പര പുരോഗമിക്കും എന്ന് പറയണത് ദൗർബല്യങ്ങൾ ജ്ഞാനം പരമ്പരയ പുരോഗമിക്കില്ല തപസ് പരമ്പരയ പുരോഗമിക്കും ഒരാളെ തപസ്സുകൊണ്ട് അയാളിലുള്ള ദ്രവ്യത്തിനോടുള്ള അറ്റാച്ച്മെന്റിനെ ജയിച്ചിട്ടാണ് ഇരിക്കണതെങ്കിൽ അയാളുടെ മക്കൾക്ക് അയാൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങാം അവരിത് കണ്ടുകൊണ്ടാണ് വരുന്നത് അവരിവിടുന്നാണ് തുടങ്ങുക എല്ലാം അതെ തപസ്സും അതെ ഒരാള് തപസോടെ ഇരിക്കുകയാണെങ്കിൽ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ അവർ അവിടെ നിന്നാണ് തുടങ്ങുക സ്വാധ്യായം അവിടുന്ന് അങ്ങനെ ഈ യജ്ഞം പരമ്പര പരമ്പര പരമ്പരയായി യജ്ഞത്തിനെ നിലനിർത്തിക്കൊണ്ടുവന്നതാണ് നമ്മളുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ വേണം ഈ യജ്ഞം വേണം വരാൻ പരമ്പരയായിട്ട് പണമല്ല ഡെപ്പോസിറ്റ് അല്ല ബാങ്ക് ഡെപ്പോസിറ്റ് ആ മക്കൾക്കൊന്നും വേണ്ടേ വേണ്ട അപ്പൊ അവര് അച്ഛനും അമ്മയുടെ പണമൊന്നും അവർക്ക് വേണ്ട ഇവര് കൊറേ കാലം ഈ പെൻഷനും പണവും ഒക്കെ ഇങ്ങനെ ബാങ്കില് പോസ്റ്റ് ഓഫീസിലൊക്കെ ഇട്ട് വെച്ചിട്ട് മക്കളെ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കണം അവരും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇവർക്കോ ഇതിലുള്ള അറ്റാച്ച്മെന്റ് ചെറുപ്പകാലം മുതൽ അതിലൊട്ടിക്കൊണ്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഉണ്ടിയപ്പെട്ടിയിലിട്ട് അത് ബാങ്കിലിട്ട് വെച്ച് ആർക്കും കൊടുക്കാതെ മക്കള് പറയണു അവര് അമേരിക്കയിൽ പോയി ഒരു മാസം കൊണ്ട് ഇതിന്റെ ഇരട്ടി ഉണ്ടാക്കി അവര് പറയണു ഞങ്ങൾക്ക് തോന്നുന്നു വേണ്ട അച്ഛൻ എന്തെങ്കിലും ചെയ്യൂ അച്ഛനോ ആർക്കും കൊടുക്കൂല്ല ഇവർക്കും വേണ്ട അവസാനം അച്ഛനും അമ്മയും ബാങ്ക് ഡെപ്പോസിറ്റോടുകൂടെ ഇവര് പോവും അപ്പൊ അതൊന്നുമല്ല പരമ്പരയായി വരേണ്ടത് യജ്ഞമാണ് യജ്ഞം പരമ്പരയായിട്ട് വരണം ആ യജ്ഞ പരമ്പരയെ ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു യഥയസ് സംശിത വ്രതാഹ അങ്ങനെയുള്ളവരാണ് യതികൾ അവര് വ്രതങ്ങളെ കൂടുതൽ കൂടുതൽ നന്നാക്കി തീർക്കുന്നു എന്നിട്ട് വാർദ്ധക്യമാവുമ്പോ വ്രതം സമ്പൂർണമാവണം ചെറുപ്പം മുതൽ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് വയസ്സാവുമ്പോ വാനപ്രസ്ഥാശ്രമം എന്ന് സ്വീകരിക്കും സ്വീകരിക്കുമ്പോ അവർക്ക് എന്താ പറയണത് എന്ന് വെച്ചാൽ ചില ചില വ്രതങ്ങൾ തദ്വ എന്തൊക്കെയാ നിയമങ്ങളുള്ളത് വാനപ്രസ്ഥത്തിന് വാനപ്രസ്ഥാശ്രമ വ്രതങ്ങളാണ് അതൊക്കെ അഹരഹർ ഭൈക്ഷമസ്നീയാം പരിചരെത്ത് ഉദ്ധൃതപരിഭൂതം കുറവീത ഒന്നും കയ്യിൽ വെക്കാതെ പിന്നെ എന്തൊക്കെ തപസ് ഇങ്ങനെ തപസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് തപസ്വീ പുണ്യോ ഭവതി തപസ്വീ പുണ്യോ ഭവതി ഒരാള് തപസ്വിയായും പ്യൂരിഫൈഡായും ആരോഗ്യം ഉണ്ടാവും എന്നാണ് പിന്നെയും പുനർമാമയിത് ഇന്ദ്രിയം ഇത്യേതേനുവാക്കേന ഇന്ദ്രിയങ്ങളൊക്കെ വീണ്ടും വലവത്തായി തീരുവത്തിൽ വാനപ്രസ്ഥത്തില് ആ ഇന്ദ്രിയ വിഷയഭോഗത്തിനല്ല തപസ്സിന് വേണ്ടി അങ്ങനെ വാനപ്രസ്ഥാശ്രമ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരമ്പരയാണ് നമ്മളുടെ ഋഷി പരമ്പര പുനർമാമൈത്വന്ദ്രിയേതേനുബാകേന ഭക്ഷണം എങ്ങനെ കഴിക്കണം എല്ലാം വാനപ്രസ്ഥ നിയമങ്ങളൊക്കെ പറയുന്നു ആരണ്യകത്തില് ആരണ്യക ഭാഗങ്ങളിലാണ് നമ്മ ആരുണം ജപിക്കറോമേ ആരണ്യക ഭാഗത്തിൽ വെറുതെ എപ്പിടിയെപ്പോ ആരണ്യകത്തിൽ ഇരിക്കണം കാട്ടിൽ എപ്പോഴും ഇരിക്കണം എപ്പടി വസ്ത്രം ഉടുത്തിക്കണം എപ്പി ചാപടണം എങ്ങനെയൊക്കെ തപസ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ തപസ് ചെയ്യണം ഒക്കെ പറഞ്ഞുകൊടുക്കുകയാണ് ഒരാളെ കാട്ടിൽ പോയി എങ്ങനെ തപസ് ചെയ്യണം എന്ത് രീതിയിൽ ജീവിക്കണം എന്തൊക്കെ അനുഷ്ഠാനം ചെയ്യണം ചതുർത്ഥകാല പാനഭക്താത് നാലാമത്തെ യാമത്തിലോ കാലത്തിലോ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഫുഡ് കഴിക്കാം ഇത് മുതൽ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വാനപ്രസ്ഥാശ്രമ നിയമങ്ങളൊക്കെ പറയണത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളെ യജ്ഞസമ്പൂർത്തിക്ക് കൊണ്ടുപോവാണ് ഈ യജ്ഞത്തിന്റെ സമ്പൂർത്തിയാണ് സന്യാസം എന്ന് പറയുന്നത് എല്ലാ യജ്ഞങ്ങളും സന്യാസത്തിൽ സമാപിക്കും സന്യാസമെന്ന് വെച്ചാലോ സമ്പൂർണ ജ്ഞാനം എന്നർത്ഥം അല്ലാതെ കാഷായധാരണമല്ല അതിന് കാഷായധാരണമൊക്കെ ഉണ്ടാവട്ടെ എല്ലാത്തിനും അതിന്റെ അതിൻ്റെതായ വേഷവും ഭാവങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ സമ്പൂർണ്ണ ജ്ഞാനപ്രാപ്തി ജീവൻമുക്തി സ്വാതന്ത്ര്യം ജീവിതത്തിന്റെ കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് അതവിടെ വരുന്നു യഥയ സംശിത പ്രതാഹ അവർക്ക് യതികൾ എന്ന് പേര് ആ യതികൾ ചെയ്യുന്ന യജ്ഞത്തിനെ വീണ്ടും തുടർന്ന് അപാനേ ജുഹി പ്രാണം പ്രാണേ പാനം തഥാപരേ ീരുദ്ധ്വാം പ്രാണായാമപാരായണാഹം പ്രാണായാമത്തിനെ കുറിച്ചാണ് പറയുന്നത് പ്രാണായാമവും ഒരു യജ്ഞമാണ് ഹൃദയത്തിലുള്ള വായുവാണ് പ്രാണൻ ഗുധത്തിലുള്ള വായുവാണ് അപാനൻ പുറമേക്ക് പോണത് അപാനൻ ഉള്ളിലേക്ക് എടുക്കുന്നത് പ്രാണൻ അഞ്ചു വായു ഉണ്ടെന്നാണ് ഒരേ വായുവാണ് അഞ്ചു ജോലി ചെയ്യുന്നു ഉള്ളിൽ പോയിട്ട് ഹൃതിപ്രാണോ ഗുദേപാന സമാനോനാഭിമണ്ഡലെ ഉദാന കണ്ഠദേശസ്ഥീരക ഹൃദയത്തില് പ്രാണൻ പുറമേക്ക് പോകുന്നത് അപാനൻ സമാനോനാഭിമണ്ഡലെ വയറില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ നോക്കുന്നത് സമാനൻ കണ്ഠത്തിൽ അവസാനം മരിച്ചു ജീവനെ വലിച്ചുകൊണ്ടുപോകുന്നതും മേലോട്ട് പോകുന്നതും ഉദാനൻ ബ്ലഡ് സർക്കുലേഷൻ മുതലായ ഹോൾ ബോഡി ലി ഫൻ മുഴുവൻ ചെയ്യുന്നത് വ്യാനൻ ഇങ്ങനെ ഒരേ വായു അഞ്ചു ജോലി ചെയ്യുമ്പോൾ അഞ്ചായി തിരികാണ് പ്രാണായാമത്തിന് മുഖ്യമായി ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതുമാണ് മുഖ്യം പ്രാണാപാനഗതിരുദ്ധ ഈ പ്രാണഅപാനഗതിയെ രോധനം ചെയ്യുന്നതാണ് പ്രാണായാമം സിമ്പിൾ പ്രാണായാമം എന്താ പ്രാണനെ വീക്ഷിച്ചുകൊണ്ടിരുന്നാലേ മതി നോക്കിക്കൊണ്ടേ ഇരുന്നാൽ തന്നെ അത് അടങ്ങും വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സിമ്പിൾ ബ്രെത്ത് വാച്ചിങ് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉള്ളിൽ പോകുന്നു പുറത്തു വരുന്നു ഉള്ളിൽ അതുതന്നെ നോക്കിയാൽ നമുക്ക് കാണാം അത്ര എളുപ്പമല്ല നോക്കുമ്പോഴേക്കും ചിത്തവൃത്തികളൊക്കെ വന്ന് തോട്ട്സൊക്കെ വന്ന് അതിനൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകും വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും യാതൊന്നും ചില മഹാരോഗങ്ങൾ പോലും ഈ ചെറിയ പ്രാണായാമം കൊണ്ട് മാറും എന്നാണ് യോഗികൾ പറയുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ രാത്രി ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുക എന്നിട്ട് സിംപിൾ വാച്ചിങ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അല്പം അറ്റൻഷൻ ശ്രദ്ധയോടുകൂടെ മൂക്കിലൂടെ കാറ്റ് ഉള്ളിലേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നു ഉള്ളിലേക്ക് ഒന്നും അതിനെ പിടിച്ചു നിർത്തരുത് കണ്ട്രോൾ ചെയ്യരുത് ഒന്നും ചെയ്യണില്ല ജസ്റ്റ് വാച്ചിങ് അങ്ങനെ നോക്കും നോക്കും നോക്കുമ്പോ പ്രാണനടങ്ങി അടങ്ങി അടങ്ങി അടങ്ങി അടങ്ങി കുറച്ചു നേരത്തേക്ക് പ്രാണനും മനസ്സും അടങ്ങും അതൊരു ചെറിയ പ്രാണായാമമാണ് ചെറിയ ഒരു തപസ് ഈ ഒരു ചെറിയ കാര്യം റെഗുലറായി ശ്രദ്ധയോടുകൂടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ വളരെ സിമ്പിളാണ് ഉം ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മളുടെ വീക്ക്നെസ് ആണോ കുഴപ്പം ഇത്ര സിമ്പിൾ ആണെങ്കിലും ഈ ഒരു കാര്യമേ മതി ഇപ്പൊ ആത്മവിചാരമോ ജപമോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് വാച്ചിങ് ദ ബ്രീത്ത് അത് ഒരു ദ്വാരം പോലെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും പ്രാണം നമ്മളെ ഉള്ളിലുള്ളതൊക്കെ കാണിച്ചു തരും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു പ്രത്യവേക്ഷണ പ്രാണായാമം എന്നാണ് അതിന് യോഗികൾ പറയാ ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെ ഉള്ളിൽ പോകുന്നതും പുറത്ത് വരുന്നതും ശ്രദ്ധിക്കുന്നു വെറുതെ ആദ്യം നല്ലവണ്ണം അറിയാം പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ മന്ദമാവും പതു ടങ്ങും ആ പ്രാണായാമം ചെയ്യുന്നതും ഒരു യജ്ഞമാണ് സിംപിൾ പ്രാണായാമം പ്രത്യവേക്ഷണ പ്രാണായം അടക്കുകയോ നിയന്ത്രിക്കുകയോ ഒന്നും വേണ്ട പൂരകം രേചകം കുംഭകം ഒക്കെ പറയുന്നില്ല അതൊന്നും വേണ്ട അങ്ങനെ പ്രാണായാമം ചെയ്ത് അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം അപാനനെ പ്രാണനിലും പ്രാണനെ അപാനനിലും ഹോമിക്കുന്ന യോഗികൾ പ്രാണായാമപരാണന്മാരായ യോഗികളും ഒരു പ്രാണയജ്ഞം ചെയ്യുന്നു എന്ന് പറഞ്ഞു അടുത്തത് നോക്കാം അപരെ ജുഹേപ്യേത്തെ യജ്ഞവിദക്ഷതകൾമാ അവരെ മറ്റു ചിലർ വളരെ സിംപിളായിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റിയും ഇല്ലാത്ത ഒരു യോഗമാണ് ആഹാരയോഗം എന്ന് പറയുന്നത് ഭക്ഷണയോഗം അത് ചെയ്താലും മതി ഏകാദശിയാണ് ഇതും ആ ഭക്ഷണയോഗത്തിന്റെ ഒരു ഭാഗമാണ് നിയത ആഹാരാഹ നിയത ആഹാരം എന്ന് വെച്ചാൽ യുക്ത ആഹാരം അതിന് ആചാര്യസ്വാമികൾ യുക്താഹാര വിഹാരസ്യ എന്നുള്ളടത്ത് ശതപഥബ്രാഹ്മണത്തിൽ നിന്നും ഒരു വേദമന്ത്രം എടുത്ത് ഉത്തരിക്കുന്നുണ്ട് അവിടെ പറയുന്നു ആവശ്യത്തിൽ അധികം കഴിച്ചാൽ തന്ന അവതി. ആവശ്യത്തിൽ കുറവായി കഴിച്ചാൽ തന്ന അവതി. അത് രക്ഷിക്കില്ല എത്ര കണ്ട് ശരീരത്തിന് വേണമോ ശരീര നിലനിൽപ്പിന് വേണ്ടിയുള്ള ഭക്ഷണം ആ ഭക്ഷണത്തിനെ നിയമനം ചെയ്തുകൊണ്ടേ വന്ന് വളരെ കുറച്ചു കൊണ്ട് എന്താവും പ്രാണൻ പ്രാണനെ ഭക്ഷിക്കും നമ്മൾ ഏകാദശിക്ക് ഒരു ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ബാക്കി കിടക്കുന്ന ഭക്ഷണത്തിനെയൊക്കെ ആദ്യം പ്രാണൻ ജീർണിപ്പിച്ച് കളയും കുറെ ദിവസമായി കെട്ടിക്കിടക്കുന്നൊക്കെ ഉണ്ടാവുകയെ അതൊക്കെ പ്രാണൻ ജീർണിപ്പിച്ച് കളയും ചിലരൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഞായറാഴ്ച പോയി ഓഫീസിലോ ബാങ്കിലോ പോയി ജോലി ചെയ്തിട്ട് വരണ പോലെ പണിയില്ലാത്ത ദിവസം അതുപോലെ ഈ ശരീരത്തില് ബാക്കി കിടക്കുന്ന അന്നത്തിന് പ്രാണൻ ഈ ഉപവാസ ദിവസങ്ങളിൽ ജീർണിപ്പിക്കും പിന്നെയും അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ചു കുറച്ചായി പ്രാണൻ പ്രാണനെ ഭക്ഷിക്കും പ്രാണാന് പ്രാണേഷു ജുഹതി നിയതാഹാരാഹ ആഹാരത്തിനെ നിയമനം ചെയ്യുന്നവർ പ്രാണനെ പ്രാണനിൽ ഹോമിപ്പിക്കുന്നു ഹോമിക്കുന്നു അതൊരു തപസാണ് പക്ഷെ അത് ഓവറായിട്ട് ചെയ്യാൻ പാടില്ല ചിലർ ഭക്ഷണമേ കഴിക്കാത്ത യോഗികളുണ്ട് നിത്യോപവാസികളായിട്ടുള്ളവർ പത്രത്തില് പോലും ഉണ്ടായിരുന്നു ഒരു യോഗി അറുപത് അറുപത്തഞ്ച് വർഷമായി ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല അതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തതാണ് അദ്ദേഹത്തിനെ വെച്ച് പരീക്ഷിച്ചൊക്കെ ചെയ്തു അങ്ങനെയൊന്നും ആരും ശ്രമിക്കണ്ട അവർക്ക് വേറെ നിന്നും ഈ ചെടികളൊക്കെ ആഹാരം ഉണ്ടാക്കണം പോലെ എന്തോ ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് സാധാരണ ആളുകൾക്ക് ആഹാരത്തിനെ യോഗമാക്കി തീർക്കാമെങ്കിൽ പതുക്കെ മതി നമുക്കതൊരു വലിയ ജീവിതം മുഴുവൻ ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ കുറച്ച് കുറച്ചായി അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് കൂടെ ഉപവാസം ഇരുന്നു അടുത്ത ദിവസം രണ്ടാൾക്കുള്ള ആഹാരം ഒന്നിച്ചു കഴിച്ചു അതൊന്നും വേണ്ട പതുക്കെ ആദ്യം നിഷിദ്ധ ആഹാരം ഉപേക്ഷിക്കുക ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് കഴിക്കാൻ ആഹാരം കഴിയുന്നതും സ്വയം ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ വളരെ നല്ലത് പക്ഷെ എല്ലാവർക്കും പറ്റില്ല സ്വയംഭാഗം വളരെ അടുത്തിരിക്കുന്നവരാൾ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണം സാത്വികമായ ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം ഭഗവത് പ്രസാദമാക്കിക്കൊണ്ട് ശരീരനിർവഹണത്തിനായി രുചിയോടുകൂടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ കഴിച്ചും പതുക്കെ പതുക്കെ അതിനൊരു നിയമനം ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ ആഹാര നിയമന യജ്ഞമായിട്ട് തീരുവത് അങ്ങനെ ഭക്ഷണത്തിനെ നിയന്ത്രിച്ച് തന്നെ തപസ് ചെയ്യുന്ന യോഗികളുണ്ട് അവരും പ്രാണനെ നിയന്ത്രിക്കും ആഹാരം കുറഞ്ഞാൽ പ്രാണൻ ധാരാളം എനർജി ഒരു നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ജപം ചെയ്യാനോ പ്രാണായാമം ചെയ്യാനോ ഒന്നും പറ്റില്ല ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ജപിക്കാനിരിക്കുമ്പോൾ ഉറക്കമേ വരുള്ളൂ ധ്യാനമൊന്നും പറ്റില്ല അതുപോലെ തന്നെ ശ്രവണത്തിനും ഈ രാവിലെയും വൈകുന്നേരവും ആണ് ശ്രവണത്തിന് നല്ല സമയം ഉച്ച സമയത്തൊക്കെ ശ്രവണത്തിന് നിങ്ങൾ ഇരുന്നാൽ രാവിലെ ടിഫിനും ഒക്കെ കഴിച്ചിട്ട് വരും ഇരുന്നു ഉറങ്ങും അപ്പൊ തന്നെ കാണാൻ മനസ്സ് സമ്മതിക്കില്ല ഭക്ഷണം ഉള്ളു പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ ഭാഗം ഉണ്ടായി ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അതിന് മുഖ്യമായ എനർജി ഒരുപാട് വേണം അപ്പൊ ഇതിനെ ശ്രവണമൊന്നും പറ്റില്ല രാവിലെ നല്ല ഫ്രഷായിട്ട് എന്തുകൊണ്ട് കേൾക്കുന്നു രാത്രിയൊക്കെ ശരീരം നിശ്ചലമായി കിടന്ന് വയറ്റിലുള്ള ആഹാരമൊക്കെ ജീർണിപ്പിച്ചു അപ്പൊ ഫ്രഷ്നെസ്സുണ്ട് ഭക്ഷണം ഉള്ളിൽ ജീർണിച്ചൊക്കെ ആകുമ്പോൾ തന്നെ എത്ര ഫ്രഷ് ആവണം ആളുകള് ഭക്ഷണം കൂടുതൽ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ ശരീരം എത്ര സ്ഥൂലിക്കുന്നു എത്ര ക്ഷീണിക്കുന്നു എത്ര തളരുന്നു അപ്പോ ഭക്ഷണം പ്രാണബലത്തിനെ ഉണ്ടാക്കാനാണ് അന്നേന പ്രാണാഹ പ്രാണൈഹി ബലം ബലേന തപസ് തപസാ ശ്രദ്ധ അന്നം കൊണ്ട് പ്രാണശക്തി ഉണ്ടാവണം പ്രാണശക്തി ഉണ്ടാവുന്ന അന്നം കഴിക്കണം അതൊക്കെ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹി സർവേപ്യത യജ്ഞവിധ ഈ ഇത്രയും നേരം എൻലിസ്റ്റ് ചെയ്ത് പറഞ്ഞുവല്ലോ അവരൊക്കെ യജ്ഞത്തിന്റെ സീക്രട്ട് അറിഞ്ഞവരാണ് യജ്ഞക്ഷിത കൽമഷ യജ്ഞം കൊണ്ട് കൽമഷം കളങ്കം ദോഷമൊക്കെ നീക്കിയവരാണ് അടുത്ത ശ്ലോകം നോക്കൂ യജ്ഞശിഷ്ടാമൃത ഭുജിബ്രഹ്മസനാതനം യജ്ഞിഷ്ട അമൃത സാധാരണ യാഗത്തില് ശേഷിക്കുന്നതിന് അമൃതമെന്നു പേരുണ്ട് അത്ര ശേഷിക്കുന്നത് അമൃതമെന്ന് സങ്കല്പിച്ച് ഭക്ഷിക്കു യജമാനം എല്ലാം കൊടുത്തു കഴിഞ്ഞു ബാക്കി വരുന്നത് വീട്ടിലും ഒരമ്മ മക്കൾക്ക് വേണ്ട ആഹാരമൊക്കെ പാചകം ചെയ്ത് മക്കൾക്കൊക്കെ കൊടുത്തിട്ട് ഒരു മകൻ അന്ന് വരില്ല എന്ന് ധരിച്ചു ആ മകൻ നേരം വൈകി വന്നു അമ്മ ഭക്ഷിക്കാൻ പോണേ ഉള്ളൂ അപ്പോഴേക്കും മകൻ വന്നു അപ്പൊ മകന് കൊടുത്തിട്ട് തന്റെ വയറ് വശപ്പ് തീർക്കാൻ വേണ്ട ഭക്ഷണം ഇല്ലെങ്കിൽ പോലും അതിൽ അല്പം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് ആ അമ്മ കഴിക്കുമ്പോൾ അമ്മക്ക് നല്ല കാലം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് അവൻ വിശന്നുകൊണ്ട് വരികയാണ് നല്ല നേുമ്പില് വന്നുവല്ലോ അവന് കൊടുക്കാൻ സാധിച്ചുവല്ലോ ഈ കഴിക്കുന്നത് അമൃതം പോലെ രുചിക്കും അത് യജ്ഞശിഷ്ട അമൃതമാണ് എന്തും യജ്ഞം ചെയ്തിട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തേന ഭുജീഥാ മാധനം ഈശ്വരനാണ് ജഗത്ത് മുഴുവനുമെന്ന് അറിഞ്ഞ് അതുകൊണ്ട് ത്യാഗം ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ അനുഭവിക്കുക എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളത് അനുഭവിക്കുകയാണെങ്കിൽ അത് അമൃത ഭോജനമായിട്ട് തീരും അവൻ അമൃത ബുക്കായിട്ട് തീരും അവൻ അമൃതം പുറമേക്കുള്ളതല്ല അവന്റെ ഉള്ളിൽ അമൃതാനുഭവം ഉണ്ടാകും ത്യാഗം ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിശുക്കുള്ളിൽ ഉണ്ടായിരുന്നിട്ടും കൊടുക്കുമ്പോ സ്പേസ് ഉള്ളിൽ അനന്തതയുടെ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മള് നമ്മളുടെ ഉള്ളിലുള്ള ദൗർബല്യത്തിനെ യജിക്കും അമൃതാനുഭവം ഉള്ളിൽ ഉണ്ടാവും അതാണ് യജ്ഞശിഷ്ട അമൃതം യാന്തി ബ്രഹ്മസനാതനം ഭഗവാൻ പറഞ്ഞത് സദാ യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ സനാതനമായ ബ്രഹ്മത്തിനെ പ്രാപിക്കുന്നു സനാതനമായ ബ്രഹ്മം എന്താണ് അഹങ്കാര ക്ഷയം കൊണ്ട് അനുഭവപ്പെടുന്ന അന്തശാന്തിയാണ് ശീതളത്തെയാണ് ഉള്ളിലേർപ്പെടുന്ന അഗാധമായ മൗനമാണ് ആ മൗനം മനസ്സിനെ യജിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് യജ്ഞം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സാധാരണ സമൂഹത്തിൽ പോലും യജ്ഞം ചെയ്യാത്ത ആൾക്ക് ഈ ലോകത്തിൽ പോലും ജീവിക്കാൻ പറ്റില്ല അല്ലെ ചില ആളുകൾ ഒന്നും കൊടുക്കില്ലെങ്കിൽ സമൂഹത്തിലുള്ളവരെ എന്തു പറയും എന്ത് ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യവും ഒരാൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറയും ഈ ലോകത്തിലുള്ളവർക്ക് തന്നെ അങ്ങനെയുള്ള ആളുടെ അടുത്ത് സംബന്ധം ഉണ്ടാവില്ല ആർക്കും ഒന്നും കൊടുക്കാത്തവനാണവൻ അവന് സമൂഹത്തിൽ സ്ഥാനവും ഉണ്ടാവില്ല സമൂഹത്തിൽ അവന് വേണമെന്ന് പറയുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പൊ സാമൂഹിക ജീവിതമേ ഇല്ല അയാൾക്ക് അയം ലോകോസ്തി ഈ ലോകത്തിൽ തന്നെ അയാൾക്ക് സുഖമില്ല കൊടുക്കാത്തവന് വാരി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എല്ലാവിധത്തിലും സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഏതെങ്കിലും വിധത്തിൽ തന്നെ കൊണ്ടാവുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് സാമൂഹിക ജീവിതവും സൗഖ്യമായിരിക്കും പിന്നെ പരലോകത്തിനെ കുറിച്ച് എന്ത് പറയാനാന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അയം ലോകോസ്തി അയജ്ഞസ് കുതോന്യ പുരു പുരുഷത്വമാ അന്യ ലോകത്തിനെ ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം പോട്ടെ ഇവിടെ തന്നെ അയാൾക്ക് സുഖമില്ലല്ലോ യജ്ഞമില്ലാതെ ഭോഗിയായിട്ട് ജീവിക്കുന്നവന് സുഖമില്ലല്ലോ ോക്ഷ്യസേവിധാ യാ വിത ബ്രഹ്മണോ മുഖേ കമ്മജാൻ വിദ്യി താൻ സർവാൻ ഏവം ജ്ഞാത് വിമോക്ഷ്യസേ ഇത്തരത്തിൽ അനേകവിധ യജ്ഞങ്ങൾ വേദത്തിൽ ബ്രഹ്മാനുഭവത്തിനുള്ള മാർഗങ്ങളായി ചിത്തശുദ്ധിക്കുള്ള മാർഗങ്ങളായി പറയപ്പെട്ടിട്ടുണ്ട് അവ അവകളൊക്കെ കർമ്മജാൻ വിധി കർമ്മത്തിൽ നിന്നുണ്ടായവയാണെന്ന് അറിഞ്ഞുകൊള്ളുക അങ്ങനെ അറിഞ്ഞാൽ നീ അശുഭത്തിൽ നിന്ന് വിമുക്തനാകും എന്നുവെച്ചാൽ കർമ്മം ബാഹ്യമായി ചെയ്യലല്ല അതിൽ ഇമ്പോർട്ടന്റ് ആന്തരികമായി ജ്ഞാനയജ്ഞം കൊണ്ട് സ്പർശിക്കപ്പെടുമ്പോഴാണ് കർമ്മയജ്ഞങ്ങളൊക്കെ തന്നെ ശ്രേഷ്ഠമാവുന്നത് അല്ലെങ്കിൽ കർമ്മയജ്ഞമൊക്കെ ചിലപ്പോൾ അഭിമാനവും അഹങ്കാരവുമായിട്ട് തീരും ചിലര് ബാഹ്യമായി കർമ്മയജ്ഞം ചെയ്യും പക്ഷെ അഭിമാനവും അഹങ്കാരവും ആയിരിക്കും അതിന് പുറകിൽ ഞാൻ ഇതൊക്കെ ചെയ്തു ഇത്രയും വലിയ യജ്ഞം ചെയ്തു ഇനിന്നതൊക്കെ ചെയ്തു അഭിമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഫലം അമൃതാനുഭവമല്ല നേരെ തിരിച്ചാണോ പേരും പുകഴും പെരുമയും ആശിച്ചു കൊണ്ട് യജ്ഞം ചെയ്താൽ അത് യജ്ഞമേ അല്ല അതാണ് ധർമ്മപുത്ര രാജസൂയം ചെയ്തപ്പോ ഭഗവാൻ ഒരു ചെറിയൊരു മാജിക്ക് കാണിച്ചു കൊടുത്തു അത്രയും വലിയ ആളുകളൊക്കെ യാഗത്തിലെ ഈ യാഗം പോലെ ഒരു യാഗമേ നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ധർമ്മപുത്രർക്ക് എവിടെയോ ചെറിയ ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് അവിടെ ഒരു കീരി ഇങ്ങനെ വന്നത് നടുവിൽ അവിടെയൊക്കെ ഒന്ന് ഊരുണ്ടു ഈ യാഗം പോരാ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ കിരി മാത്രം ഈ യാഗത്തിന് പഴിചാരിയിട്ട് പോവുകയാണ് ഈ യാഗം ഒന്നും ശരിയായിട്ടില്ല ഒന്നും ഫലിച്ചിട്ടില്ല അപ്പൊ ധർമ്മപുത്രർക്ക് ആശ്ചര്യം അപ്പൊ ആ കിരിയുടെ അടുത്ത് എന്താ ഇത്രയൊക്കെ വിശിഷ്ടമായി യാഗം ചെയ്തിട്ട് ഈ യാഗം പോരാ എന്ന് പറയാൻ കാരണം അത് എവിടെയോ ഒരു ബ്രാഹ്മണന്റെ ഒരു കുടുംബം അവിടെ ഭക്ഷണം നാട്ടിൽ മുഴുവൻ ദുർഭിക്ഷയായിരിക്കുമ്പോൾ ഇവരെവിടേക്കോ അലഞ്ഞു നടന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു ആ വീട്ടുകാരൊക്കെ കൂടെ ഭക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ ആ വീട്ടിൽ വന്നു എനിക്ക് വശിക്കണു എന്ന് പറഞ്ഞു ആദ്യം യജമാനൻ തന്റെ പങ്ക് ഇന്ദ്രന് കൊടുത്തു ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ താൻ ഭക്ഷിക്കാമെന്ന് വിചാരിച്ചു ആ ബ്രാഹ്മണന് വശപ്പ് അവസാനിച്ചില്ല ഭാര്യ ഭാര്യയുടെ പങ്ക് കൊടുത്തു അപ്പോഴും ഇന്ദ്രന് വശപ്പ് അവസാനിച്ചില്ല മക്കളൊക്കെ കൊടുത്തു എല്ലാരും അവരുടെ മുഴുവൻ പങ്ക് ആ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടെ അവര് സിദ്ധി കൂടുകയായി ഇപ്പൊ ആ ഭക്ഷണം കഴിച്ചിട്ട് വേണം ജീവിക്കാൻ എന്നുള്ള മട്ടിലാണ് ശരീരം നിൽക്കുന്നത് അപ്പോഴും തന്റെ അന്നം മുഴുവൻ ഇന്ദ്രന് കൊടുത്തപ്പോ ഇന്ദ്രൻ അവരുടെ മുമ്പിൽ തന്റെ സ്വരൂപത്തിൽ കാണിച്ച് അവരെ മുഴുവൻ ദേവലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നൊരു കഥ അപ്പൊ കീരി പറയാണ് ഇത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഈ സംഭവം അപ്പൊ ഇവരെയൊക്കെ ഇന്ദ്രൻ രഥത്തിൽ കൊണ്ടുപോയത് കണ്ടപ്പോ ആ സംഭവം നടന്ന സ്ഥലത്ത് ഞാൻ പോയി ഒന്ന് ഉരുണ്ടു ഉരുണ്ടപ്പോ എന്റെ പകുതി ശരീരം സ്വർണമയമായി പ്രകാശിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ തീരുമാനിച്ചു എവിടെയോ ത്യാഗം നടന്ന സ്ഥലത്ത് ഉരുണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഇനി ഇതേപോലെ ത്യാഗം എവിടെ നടക്കണോ അവിടെ പോയി ഉരുണ്ട ബാക്കി ശരീരവും കൂടെ പകുതിയും കൂടെ സ്വർണമാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ യാഗം യജ്ഞം പൂജ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ പോയി ഉരുണ്ടു ഓരിടത്തും പ്രയോജനപ്പെടണ്ട അപ്പൊ യജ്ഞത്തിന്റെ അന്തസ്സത്തെ കാണിച്ചു കൊടുക്കാണ് ആ കീരിയെ യജ്ഞത്തിന്റെ ഇന്നർ സീക്രെട്ട് എന്താണെന്നാണ് യജ്ഞം ബാഹ്യമല്ല ആന്തരികമാണെന്നാണ് രഹസ്യമായി ഒരു എടുത്ത് ചെയ്ത യജ്ഞത്തിന്റെ ഫലം പരസ്യമായി ഒരുപാട് പണവും കാര്യങ്ങളും ഒക്കെ ചെലവാക്കി ചെയ്യുന്ന സ്ഥലത്തില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയേണ്ട വലിയൊരു കാര്യമാണത് എല്ലാ കാര്യവും ചെറുതായിട്ട് ചെയ്യണം നമ്മളിത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സത്സംഗം എന്തൊക്കെ മതി ഇതിപ്പോ വലിയ ഘോഷമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇതൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ യജ്ഞഭാവം പോയി പോകും ഇതിന് കുറെ പാട്ട് ഡാൻസ് ഒക്കെ ഇതിന്റെ കൂടെ വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യജ്ഞഭാവം പോയി പോകും ഒക്കെ ചെറുതായിട്ട് ചെയ്താൽ മതി ചെറുതായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഭാരതീയ സമ്പ്രദായം ഇപ്പൊ ഒക്കെ വലുതായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിക്കണത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും അവസാനം ഒന്നും ഉണ്ടാവില്ല ഒരുപാട് പണം ചെലവാക്കി വലിയ ഘോഷയാത്രകളൊക്കെ നടത്തി ആഡംബരങ്ങളൊക്കെ കാണിച്ച് ബഹളം കൂട്ടി ഇത് നമ്മളുടെ സമ്പ്രദായമേ അല്ല ചെറുത് ചെറുതായിട്ട് ഇങ്ങനത്തെ പ്രസംഗം പോലും പൂർവ്വകാലത്തൊന്നും ഇല്ലല്ലോ ഋഷികൾ എവിടെയെങ്കിലും ഒക്കെ ആളുകളെ അന്വേഷിച്ച് അവിടെ ചെറിയ ചെറിയ സത്സംഗങ്ങളുണ്ടാവും അത്രയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ഉള്ള കാലത്ത് ജ്ഞാനം എങ്ങനെ പ്രബലമായി പുഷ്ടിപ്പെട്ടുവോ അത് ഈ കാലത്ത് നടക്കണില്ല ഇങ്ങനെ ഒരു മൈക്കും ഇരുത്തി കുറെ ആളുകളെ മുമ്പിൽ പിടിച്ച് ഇരുത്തുകയും ചെയ്താൽ അവരെ ആറുമണി മുതൽ എട്ടേകാല് വരെയോ എട്ടര വരെയോ പിടിച്ചു നിർത്തണം എന്നുള്ളൊരു ചുമതല എനിക്കുള്ളതുകൊണ്ട് നസുറുദ്ദീൻ ഹോജയുടെ തമാശ മുതൽക്കെ എല്ലാം ഞാൻ പെറുക്കിക്കൊണ്ടുവരണം പെറുക്കിക്കൊണ്ടുവന്ന് അതൊക്കെ വെച്ച് അതൊക്കെ ഓർമ്മ വെച്ച് അതാത് സമയത്ത് എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച് ഒന്ന് രസിപ്പിച്ച് ഒന്ന് സന്തോഷപ്പെടുത്തി കൈയ്യടി വാങ്ങിച്ച് അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിൽ അഡിക്ഷം പിടിച്ചു കഴിഞ്ഞാൽ പോയി പോകും പിന്നെ നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവില്ല എനിക്കും പ്രയോജനം ഉണ്ടാവില്ല യജ്ഞങ്ങളൊക്കെ തകരുന്നത് അങ്ങനെയാണ് യജ്ഞത്തിന് ബാഹ്യമോടികളിൽ ശ്രദ്ധ പോയാൽ യജ്ഞത്തിന്റെ അന്തസത്ത പോയി പോകും എന്തും ചെറുതായിട്ട് ചെയ്താൽ ലളിതമായിട്ട് ചെയ്താൽ ഭക്തിയും ചെറുതായിട്ട് മതി ഭക്തിക്ക് വലിയ ആഡംബരം ഒന്നും വേണ്ട വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട വളരെ ചെറുതായിട്ട് ഭക്തി ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി ഒരു വീട്ടിൽ അവിടെ ചെയ്താൽ മതി നമുക്കും ഭഗവാനും അറിഞ്ഞാൽ മതി നമ്മളുടെ അന്തരാത്മാവിനെ അറിഞ്ഞാ മതി ഭാവഗ്രാഹി ജനാർദ്ദന ഭഗവാൻ ഭാവഗ്രാഹിയാണ് ആ ഭാവത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ഗ്രഹിക്കട്ടെ അങ്ങനെ വേണം യജ്ഞം ചെയ്യാൻ അങ്ങനെ യജ്ഞങ്ങൾ അനേക യജ്ഞങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏവം ബഹുവിധ യജ്ഞാഹ വിതത്തോ വിതതാ ബ്രഹ്മണോ ഇപ്പൊ നോക്കുക യജ്ഞത്തിനു വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ പണം ധാരാളം വരുമ്പോൾ ലൗകികന്മാരും വന്നുകൂടും അവർ വരുമ്പോൾ കമ്മിറ്റിയായി പ്രശ്നങ്ങളായി എല്ലാം നോക്കൂ ആധുനിക പരീക്ഷണം വലിയൊരു പരാജയമാണ് സംഘടനകളും ആശ്രമങ്ങളും വലിയ വലിയ ഓർഗനൈസേഷൻസിലും എത്ര വിഷമങ്ങളാണ് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് തുടങ്ങുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നതെങ്കിലും പലപ്പോഴും അതിന് ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി പണത്തിനു വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തല്ലു അടിയുമൊക്കെ ആയിട്ട് അവസാനിക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിലൊന്നും നമ്മളുടെ എനർജിയെ നമ്മളെ ഊർജത്തിനെ വ്യയം ചെയ്യാതെ യജ്ഞം യജ്ഞമാക്കി തീർക്കണം വേദത്തിൽ ഇത്തരം പല യജ്ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കർമ്മമാണ് കർമ്മം കൊണ്ട് മോക്ഷമുണ്ടാവില്ല അതാണ് കർമ്മജാൻ വിദ്ധി സർവാൻ അതൊക്കെ കർമ്മത്തിൽ ഉണ്ടാവുന്നതാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് ഭഗവാൻ പറയണത് വെറും കർമ്മം ജഡമാണ് അതിൽ ആന്തരികമായി ത്യാഗഭാവം ഉണ്ടെങ്കിൽ ത്യാഗേനൈക്കേ അമൃതത്വമാണ് ആ ത്യാഗം ഉള്ളിൽ വെച്ച് കർമ്മത്തിനെ അകർമ്മമാക്കി തീർത്താൽ യജ്ഞം ഫലവത്തായിട്ട് തീരും എന്ന് നീ അറിയുകയാണെങ്കിൽ വിമോക്ഷ്യസേൻ നീ വിമുക്തനായിട്ട് തീരും യജ്ഞങ്ങൾ കൊണ്ട് നീ സംശുദ്ധനായിട്ട് തീരും എന്ന് പറഞ്ഞ് േ നിർവ്യാപാരോഹം ഉദാസീനം ജ്ഞാ അസ്മാത് സമ്യക് ദർശനാത് മോക്ഷ്യസേ അശുഭാത് സംസരാ സംസാര ബന്ധനാത് ഇത്യർഥാണ് ഇതൊക്കെ കർമ്മമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ നിർവ്യാപാരനായ ആത്മാവാണെന്നുള്ള ജ്ഞാനത്തിനെ സമ്യക് ദർശനത്തിനെ ആശ്രയിക്കുകയാണെങ്കിൽ നീ വിമുക്തനാവും ഞാൻ കർമ്മം ചെയ്യുന്നു ഞാൻ ത്യാഗം ചെയ്യണു എന്ന് വിചാരിച്ചാൽ പോലും ബന്ധത്തിൽ കുടുങ്ങിപ്പോ കർമ്മം ചെയ്യണു എന്ന് അറിയാതെ തന്നെ കർമ്മം ചെയ്യണം അങ്ങനെ സൈലന്റ് റവല്യൂഷൻ വലിയ വലിയ റവല്യൂഷൻ വിപ്ലവങ്ങളൊക്കെ രഹസ്യമാണ് രാമകൃഷ്ണ പരമഹംസർ ഇരുന്ന കാലം ആർക്കും അറിയില്ല ഇന്ന് രാമകൃഷ്ണ പരമഹംസർ എല്ലായിടത്തും അറിയപ്പെടും ഇരിക്കുന്ന കാലം വരെ പതിനേഴ് പേരെ തന്നെ പോലെ തന്നെ ആക്കി തീർത്തു അത് പിന്നീടുള്ള അധ്യാത്മ ലോകത്തിലൊന്നും സാധിക്കാതെ വരാൻ കാരണം ആശ്രമങ്ങളാണ് സ്വാമി രാമദാസിന് കാഞ്ഞങ്ങാട്ടില് രാമദാസ് സ്വാമികൾ ആശ്രമം തുടങ്ങിയ സന്ദർഭത്തിൽ സ്വാമികളുടെ കൂടെ കൂടിയതാണ് ഒരു അമ്മ ഒരു വിധവയായി വന്ന് ചേർന്ന അമ്മ മാതാജി കൃഷ്ണഭായും ആ അമ്മയും സ്വാമികളെ പോലെ തന്നെ വളരെ ഉയർന്ന ഒരു അനുഭൂതി തലത്തിനെ പ്രാപിച്ചു പക്ഷെ ആ അമ്മയുടെ പിന്നാലെയുള്ള റെമിനിസെൻസില് ആ അമ്മ പറയണു എനിക്ക് എന്റെ ഗുരു എങ്ങനെ പ്രയോജനപ്പെട്ടുവോ അങ്ങനെ പിന്നാലെ വന്ന ആർക്കും പ്രയോജനപ്പെട്ടില്ല അവരാരും അത് ഉപയോഗിച്ച് അധ്യാത്മ അനുഭൂതി നേടിയില്ല അതിന് കാരണം ഈ ആശ്രമമാണ് എന്ന് അമ്മ തന്നെ പറയണ്ടത് ആശ്രമം വന്ന ഉടനെ ഇവിടെ ഭക്ഷണം കൊടുക്കണമെന്നും ഓഫീസ് വേണമെന്നും പണം കൈകാര്യം ചെയ്യണമെന്നൊക്കെ വന്നപ്പോ ആളുകൾക്ക് അതിലൊക്കെ ഇൻട്രസ്റ്റ് പിരിഞ്ഞു പോയത് കൊണ്ട് ആന്തരികമായി സത്യത്തിനെ നേടാൻ ഉത്സാഹമില്ലാതെ പോയി എന്ന് പച്ചയ്ക്ക് ആ വിളിച്ചു പറയണം ഇതൊക്കെ ആധുനിക പരീക്ഷണങ്ങളുടെ പരാജയമാണ് പക്ഷെ അതുകൊണ്ടൊക്കെ പ്രയോജനമില്ലേ പ്രയോജനമില്ല ഒരുപാട് പേര് വരും നല്ല കാര്യങ്ങൾ കേൾക്കും ഇൻസ്പയർഡായിട്ട് പോവും പ്രചോദിതരായിട്ട് പോവും ധാരാളം ആളുകൾക്ക് വന്നിരുന്ന് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും അതൊക്കെ ഗുണമുണ്ട് പരന്ന് ചെയ്യുന്നതിനെക്കാളും ചെറുതായിട്ട് ചെയ്യുന്നതിന് പവർ കൂടും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടുതൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ദ്രവ്യങ്ങളെയും വെളിയിലുള്ള വസ്തുക്കളെയും കെട്ടിടങ്ങളെയും സംഘടനകളെയും സംഘടിച്ചുള്ള പ്രവർത്തനങ്ങളെയോ ഒക്കെ സഹായം തെര തേടിയാൽ പരാജയമാണ് നമുക്ക് സഹായം ഒരാളേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഒറ്റ സഹായം വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ ആവുമ്പോൾ അത് യജ്ഞമായിട്ട് തീരും ആ യജ്ഞങ്ങള് ഒക്കെ യജ്ഞമാവുന്നത് കർമ്മ പരിപാടി കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് കർമ്മം കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല തപസ്സുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മളുടെ ഭാരതീയരായ ഋഷികൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കർമ്മം കൊണ്ട് ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മള് ഇന്നത്തെ കാലത്ത് വിചാരിക്കുന്നത് കർമ്മം ചെയ്തിട്ടാണ് പലതും നേടുന്നത് കർമ്മം കൊണ്ട് ഇവിടെ കുഴപ്പമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ തപസ്സുകൊണ്ടാണ് ഇത്രയും കാലം നമ്മളുടെ സംസ്കാരം നിന്നത് തപസ്സുകൊണ്ടാണ് ഇവിടെ ആളുകൾക്ക് ശാന്തി ഉണ്ടായത് തപസ്സുകൊണ്ടാണ് കുടുംബപരമ്പരകൾ നിന്നത് തപസ്സുകൊണ്ടാണ് വേദവും ശാസ്ത്രങ്ങളും ഒക്കെ ഇത്ര കാലം നിന്നത് തപസ്സുകൊണ്ടാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വരും ശൂദ്രരും ഒക്കെ ഈ നാട്ടില് സമാധാനമായിട്ടിരുന്നത് എന്ന് തപസ് പോയോ അന്ന് ആർത്തിയും അത്യാഗ്രഹവും ലോഭവും മതവും ആത്സര്യവും സ്ഥാനമാനങ്ങൾക്കുള്ള കലഹവും ഒക്കെ എന്ന് സ്ഥാനം പിടിച്ചുവോ അന്ന് തൊട്ട് ഇവിടെ നാശം ഉണ്ടായി തുടങ്ങി തപസ് എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ജ്ഞാനമാണ് തപസ് അല്ലാതെ ബാഹ്യ തപസ്സല്ല ജ്ഞാനം കൊണ്ട് അഹങ്കാരമില്ലാതാക്കുന്നതാണ് തപസ് ആ യജ്ഞത്തിനേക്കാളും ശ്രേഷ്ഠം അതാണ് ഭഗവാൻ അടുത്തത് പറയണത് ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ കർമ്മജാൻ വിദ്യ താൻ സർവാൻ എന്നുള്ളതിന്റെ തുടരാണ് സർവകർമാിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ അസ്തമിക്കും എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ കെട്ടടങ്ങണം കർമ്മത്തിനെ ശമിപ്പിക്കുന്നതാണ് ജ്ഞാനം സർവകർമ്മോപസംഹാരിയാണ് ജ്ഞാനം അതുകൊണ്ട് ജ്ഞാനത്തിനെ എവിടുന്ന് നേടണം എങ്ങനെ നേടണം എന്നുള്ള ജ്ഞാനസ്തുതിയോടുകൂടിയാണ് ഈ അധ്യായം ഭഗവാൻ ഉപസംഹരിക്കാൻ പോകുന്നത് തദ്വിദ്ധി പ്രതിപാദേന പരിപ്രശ്നേന സേവ ഉപദേക്ഷ്യന്തിന് തത്വദർശിന് യജ്ഞാപുനർമോഹം എന്നാസി പാണ്ഡവ ഏന ഭൂതശേഷേണ ദ്രക്ഷ്യസി ആത്മനി അഥോ മയി എന്ന് ജ്ഞാനസമ്പാദനത്തിനെയാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത് ജ്ഞാനം ചോദിച്ച് അറിഞ്ഞ് സത്യത്തിനെ കണ്ടെത്തി ധ്യാനം ചേത് അകമയ്ക്ക് മനനം ചെയ്ത് സ്വയം ഉള്ളിൽ കണ്ടെത്തി ആത്മാവിനെ കണ്ടെത്തി വിമുക്തനാകൂ എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഉപസംഹരിക്കുന്നത് അത് നമ്മള് നാളെ കാണാം ഫാലാവനം കിരീടം ഫാലനേത്രാച്ചിശാദഗ്ധ പഞ്ചേശുകീട്ടം ശൂലാഹതാറാതിക്കൂട്ടം ശുദ്ധവ്രേന്ദുചൂടം ഭജേ മാർബന്ധു മഹാദേ ശിവ ശംഭോ മഹാദേവേശ അംഗേ വിരാജദ്ുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോ ഓക്കാരവാടീകുങ്ക സിദ്ധസംസേവിത്രിം ഭജേമാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ നിിന്ദ്രൂപം നിശേഷോകേശവൈരിപം കാർത്തവരാഗേന്ദ്രാപം കൃത്വാസംേ ദസന്മാർബന്ധു ശിവ ശംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവദേവർപ്പനീശം കാളകന്ഠം മഹേശം മഹാവ്യോമകേശം കുന് ഭജന്തശം കോട്ടസൂര്യ പ്രകംഭജം ശിവ ശംഭോ മഹാദേവേശംഭോ മന്ദാരഭൂരുദാരം മന്ദഗീന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേവാേപി സുഗുനഃസന് േ സു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിഖവാഗ് ഭത്യോ മതി ത്വമ തോന്നും മമ കിതസ്തിയപേഷ്ടുരുമാത്മനം ഭമ